മറിച്ച് ദൂതനും സത്യവിശ്വാസികളും ഒരിക്കലും തങ്ങളുടെ കുടുംബങ്ങളിലേക്കും മടങ്ങിവരില്ല എന്ന് നിങ്ങൾ കരുതി അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭംഗിയായി തോന്നിപ്പിച്ചു നിങ്ങൾ മോശമായി വിചാരിച്ചു നിങ്ങൾ നാശത്തിലേക്കു പോയ ഒരു ജനതയായിരുന്നു